Thank mm -hmm. you. ംഭാഭ്യന്തരഗർവനിഗതവ്യവോ ്പാഞ്ചാനന പാഞ്ചജന്യ വപുഷാവശ്വാത്മന പ്രഹ്ലാദാഹിതാർത്ഥതക്ഷണമുഷ്ട്രമാണം ഹരി സരബിന്ദുസുന്ദര തനു മുഖാജോമണി യോതിയക്ഷിണാമൂർത്തിവ്യാസംകര ശരിദം മനോത്തമാഖ്യം തദ്വന്ദേസ്ത്യാദപദോദിതം Mile ゴーヨ坤 arent hoe compraa Шra orbit how Du sharpen kau ha Kinaman avenuesam消 시�ar Familia Svapragashita adapa ne you we need to leave 많은 ജ്ഞാനാത്മനോഹോ സംബന്ധ അനാത്മവൃത്തി ജ്ഞാനനൃത്തിത്വ സത്താപ ജ്ഞാനാത്മനോഹോ സംബന്ധ ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധം ജ്ഞാനവും ആത്മാവും രണ്ട് രണ്ടാണെന്ന് പറയുന്ന ഒരാണങ്ങനെ പറയുന്നത് ആത്മാവിൽ ഞാനും സ്വയ സംബന്ധത്തിൽ ഇരിക്കുന്നു എന്ന് കരുതുന്നവര് ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധത്തെ കുറിച്ച് പറയുന്നു ഇപ്പോ ഇതാണ് പക്ഷം ഈ പക്ഷം അസദ്ധം ആശ്രയാസദ്യ ദോഷം ഈ അനുമാനത്തിൽ ദോഷം പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചർച്ച ചെയ്യുന്നത് എന്താണ് ജ്ഞാനവും ആത്മാവും തമ്മിൽ അങ്ങനെ ഒരു സംബന്ധമുണ്ടാകുമോ ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ഇതുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ദ്രഷ്ടഹു ശ്രുതി എടുത്തുകൊണ്ടാണ് പൂർവ്വ പറഞ്ഞത് ദ്രഷ്ടാവും ദൃഷ്ടിയും തമ്മിലൊരു സംബന്ധം കൊണ്ട് അതേ ശ്രുതി എടുത്തുകൊണ്ട് സംബന്ധിച്ചെന്താണ് ദ്രഷ്ടാവ് തന്നെയാണ് ദൃഷ്ടി അങ്ങനെ ഒരു സംബന്ധം ഇതാ പറയുന്നു ഇനി നിങ്ങൾ പറയുന്നതനുസരിച്ച് ആത്മാവും ഞാനും തമ്മിലൊരു സംബന്ധമുണ്ടെങ്കിൽ ആത്മാവ് ജീവാത്മാവാണോ പരമാത്മാവാണോ ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്താണോ ദ്രഷ്ടു ദൃഷ്ടയെ വിവർലോകവും അഭിജ്ഞാവിൻ്റെ ദൃഷ്ടിക്ക് നാശമില്ല ദ്രഷ്ടാവിന് ദൃഷ്ടിയോടുള്ള സംബന്ധം നിത്യസംബന്ധമാണ് ദ്രഷ്ടാവും ദൃഷ്ടിയും തമ്മിലുള്ള സംബന്ധത്തെ അംഗീകരിച്ചാൽ ആ സംബന്ധം എങ്ങനെയുള്ളൂടെ സ്വീകരിക്കേണ്ടത് ശ്രുതിയെ ആണല്ലോ പറഞ്ഞത് അപ്പൊ ശ്രുതി പറയുന്നത് നിത്യസംബന്ധമാണ് അത് സ്വീകരിക്കേണ്ടത് ശ്രുതി ഇവിടെ കൊണ്ടുവന്നാരാ പൂർവക്ഷികൾ അപ്പം വിവരലോകോന വിദ്യതെ എന്ന് പറഞ്ഞത് കൊണ്ട് ദ്രഷ്ടാവും ദൃഷ്ടിയും തമ്മിലുള്ള ആ സംബന്ധം നിത്യമാണെന്നു ആ നിത്യസംബന്ധം എന്ന് അംഗീകരിക്കേണ്ടി വന്നു കൂറക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ശ്രുതിയെ തള്ളിക്കളയുന്നു അവിടെ ചോദിക്കുന്നു ആ നിത്യസംബന്ധം ജീവാത്മാവിലാണോ അല്ല കാരണം ജീവാത്മാവിൽ നിത്യജ്ഞാനത്തെ അവർ സ്വീകരിക്കുന്നുണ്ട് ഇനി പരമാത്മാവിലാണോ പരമാത്മാവിലും പരമാത്മാവിൽ നിത്യജ്ഞാനത്തെ സ്വീകരിക്കുന്നവരാണെങ്കിലും നിത്യമാണ് കാർക്കികന്മാരെ സംബന്ധിച്ച ജ്ഞാനം ഈശ്വരന്റെ ജ്ഞാനം നിത്യമാണ് ഈശ്വരന് ജാനുമായിട്ട് നിത്യസംബന്ധമുണ്ടെങ്കിലും ശരിയാകത്തില്ല അതെങ്ങനെ ശരിയാകത്തില്ലെന്നാണ് പറയാൻ പോകുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നോ ഇത്രയേ ഉള്ളു അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞതെന്ന് തോന്നുന്നു പരമാത്മാവിന് ജ്ഞാനത്തോട് നിത്യസംബന്ധമുണ്ടെന്ന് താർക്കികൻ അംഗീകരിക്കുന്നു അങ്ങനെ അംഗീകരിച്ചാലും സിദ്ധാന്തി എന്താ പറയുന്നത് നിങ്ങൾക്ക് പരത്മാവിൽ നിത്യ സംബന്ധത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല എന്തനുസരിച്ച് ശ്രുതി അനുസരിച്ച് ശ്രുതി പറയുന്ന അനുസരിച്ച് അതിനുവേണ്ടിയിട്ട് ശ്രുതിയെ വ്യാഖ്യാനിക്കാനാണ് അത് വ്യാഖ്യാനിക്കുന്ന സമയത്താണ് ഇവിടെ മൈത്രി ബ്രാഹ്മണവും ജ്യോതിബ്രാഹ്മണവും രണ്ടിനെയും കൊണ്ടുപോയി അതിലാണ് ഞാൻ പറഞ്ഞത് ഈ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത് വന്ന രീതിയിലല്ല ശ്രുതി ഇവിടെ കാണുന്നു അതിനാർക്കെങ്കിലും എന്തെങ്കിലും ആലോചിച്ച് ഒരു സമാധാനം കണ്ടെത്തിയാൽ എനിക്കും ഒരു സമാധാനമാകുമെന്ന് പറഞ്ഞു അറിയണോ എന്നെക്കുറിച്ച് ചിന്തിക്കുകയോ എന്തെങ്കിലും സമാധാനം കണ്ടെത്തുകയോ ചെയ്തോ എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ ചിന്തിച്ചു ആ കിട്ടിയില്ല അതില്ല അതൊരു പ്രശ്നം വേറെ എന്താ പ്രശ്നം രണ്ടാമത്തെ അദ്ധ്യായത്തിലുള്ള ഏതിന് ഉപക്രമമായിട്ട് എടുക്കുന്നു അതിപ്പം നാലാമത്തേന്ന് ഉപക്രമൂഖൃ സംഹാരമായിട്ട് എടുത്താൽ മതിയാണ് മൈത്രി സംവാദത്തിലാണ് ഉപക്രമൂ സംഭാരങ്ങളാണെങ്കിൽ രണ്ടിലെടുത്താലും നാലിലെടുത്താലും മതി മൈത്രി സംവാദം മാത്രമല്ല എന്റെ ഇടയ്ക്ക് ജ്യോതിബ്രാഹ്മണൻ കൂടെ വരുന്നു എങ്ങനെ എങ്ങനെ കേക്കട്ടെ സമാധാനം എന്താ നിന്നു പോയത് എല്ലാം കൂടെ ഒരുമിച്ചോ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമ്മൾ ഈശ്വരസ് എവിടെ പറയുന്നു എന്താണ് ഈശ്വരനും നിത്യജ്ഞാന സംബന്ധത്തെ സ്വീകരിക്കാൻ കഴിയത്തില്ല അതിനുവേണ്ടിയിട്ടാണ് ഇനിയുള്ള ചർച്ച മുഴുവൻ ആദ്യം തുടങ്ങുന്ന ഇവിടെയാണ് മൈത്രീ ബ്രാഹ്മണേ ഈ മൈത്രീ ബ്രാഹ്മണമെന്ന് പറഞ്ഞാൽ രണ്ടേ അധ്യായത്തിലും ആകാം അല്ലെങ്കിൽ നാല് അവസാനവും ആകാം രണ്ടായാലും കുഴപ്പമില്ല ചെറിയ വ്യത്യാസമുണ്ട് രണ്ടവസാനിക്കും പോലെ അല്ല നാല് അവസാനിക്കുന്നു അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ രണ്ടും മൈത്തരേ ബ്രാഹ്മണമാണല്ലോ അവിടെ എന്താണ് പോയി നവേരെ നവാരേ പതിയു കാമായ പതി പ്രിയോ ഭോതി ഇത്യാദിന പതിജായാതി പ്രിയ സംസൂചിതം ജീവ ഉപക്രമ്യ ഇവിടെ ഇപ്പൊ പറയുന്നത് ഈ മൈത്രി ബ്രാഹ്മണത്തിന്റെ ആദ്യം പതി ജായ എന്നീ ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഗ്രന്ഥകാലം പറയുന്നു പതി ജായ എന്നുള്ള ശബ്ദങ്ങളിൽ നമ്മൾ ജീവനെയാണ് ഗ്രഹിക്കേണ്ടത് തുടക്കത്തിൽ അവസാനം വരെ തുടക്കത്തിൽ എന്തുകൊണ്ട് അവിടെ പ്രിയത്തെക്കുറിച്ച് പറയുന്നു പതിയുടെ പ്രിയം ചായയുടെ പ്ര ഇത് ജീവൻ്റെ ആണല്ലോ പ്രിയം ഇരിക്കുന്നു പരബ്രഹ്മല്ലോ അസൂചിതം എന്ന് പറഞ്ഞത് പ്രിയ ശബ്ദത്തിലൂടെ ഇവിടെ സൂചിക്കപ്പെടുന്നത് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് ജീവനെയാണ് അപ്പൊ ഉപക്രമത്തിൽ ജീവനെ കുറിച്ച് പറയുന്നു എന്നെടുക്കാവുന്നതാണ് അത്രയും മനസ്സിലാക്കുക അത് ക്രമമായി മനസ്സിലാക്കണം അതാണ് മൈത്രി ബ്രാഹ്മണി നബാരി പത്യു കാമായ പതിപ്രിയാദിനാതി പ്രിയത്തിലൂടെ സൂചിപ്പിക്കപ്പെട്ടതായ ജീവൻ ആ ജീവനെ ഉപക്രമ്യ കുറിച്ച് പറഞ്ഞിട്ട് ആരംഭിച്ചിട്ട് തസ്യേവ അതേ ജീവനെ കുറിച്ച് തന്നെ പറയുന്നു ഏതേഭ്യോ ഭൂതേഭ്യ സമൃത്ഥായ തന്നേവ അനു വിനശ്യതിഥി എന്ന് പറയുന്നത് പറയുന്നു ഏതേഭ്യോ ഭൂതേഭ്യ ഈ ഭൂതങ്ങളെന്ന് പറയുന്നത് ശരീര ഇന്ദ്രിയ രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ഭൂതങ്ങൾ അതെല്ലാം എന്റെ വ്യാഖ്യാനത്തിലുണ്ട് ഇന്ന് വായിച്ചു നോക്കിയോ വ്യക്തമാണോ ശരീര ഇന്ദ്രിയ രൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ഭൂതങ്ങൾ ഈ ഭൂതങ്ങളിൽ നിന്ന് ഭൂതേബ്യോ സമുദ്ധായ ഈ ഭൂതങ്ങളിൽ നിന്ന് സമുദ്ധാനം ചെയ്തിട്ട് എന്നുവച്ചാ വേറിട്ടിട്ട് മരിച്ചിട്ട് അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അനുവിനശ്യ ഭൂതങ്ങളിൽ വേരട്ട ഭൂതം നശിക്കും താനി ഏവ അത് നശിക്കുന്നതോടുകൂടി അനുവിനശ്യതി തുടർന്നും നശിക്കുന്നു എന്താണെന്ന് പറയുന്നില്ല ഭൂതങ്ങളെല്ലാം നശിക്കുമ്പോൾ ഒപ്പം നശിക്കുന്നു എന്ന് പറയുന്നുനശതി എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ നശിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താരാണ് നശിക്കുന്നത് സിദ്ധാന്തമനുസരിച്ചാണെങ്കിൽ ഈ ഇതെല്ലാം ജീവന്റെ ഉപാധികളാണ് ഈ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് ഈ ജീവോഭാവം ഇങ്ങനെ നില എന്ന് പറയുന്നത് യുവാധികളെ നശിച്ചാൽ ജീവഭാവവും ഇല്ല അതാണ് സിദ്ധാന്തം അതിനാണ് ഇവിടെ പറയുന്നത് അനുവിനശ്യതി അത് കഴിഞ്ഞിട്ട് പറയുന്നു മരിച്ചിട്ട് സപ്ഞസ് ബോധമില്ല എന്ന് പറഞ്ഞു ഇവിടെയാണ് സംശയം വരുന്നത് മരിച്ച ബോധമില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങിയ ബോധമില്ല എന്ന് പറയുന്നത് പോലെയാണോ അതോ മരിച്ച ബോധകൾ എന്ന് പറഞ്ഞാൽ ബോധം ജ്ഞാനം നശിച്ചു പോകുന്നു എന്നാണ് ചാർവാകന്മാർ പറയുന്ന പോലെ മരിക്കുന്നത് വരെ ബോധമുള്ളൂ ശരീരം നശിച്ചാൽ ബോധവും പോയി അതാണോ പറയുന്നത് അതാണ് ഇവിടുത്തെ സംശയം പ്രയത്നജ്ഞ അസ്ഥി ഇതി എന്ന് പറയുന്നു അവസ്ഥാന്തര പ്രതിപാദന അവസരേ പക്ഷെ ഇവിടെ സിദ്ധാന്തത്തെ സംബന്ധിച്ച് മരണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്ന എന്തിനെ കുറിച്ചാണോ മുഖ്യമുക്തിയെ കുറിച്ചാണ് അല്ല വെറും മരണത്തെ അപ്പോൾ അതിനു ഈ ജീവന്റെ അഖില്യഭാവത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും എങ്ങനെയാണോ സമുദ്ര ബുദ്ധകത്തിൽ നിന്ന് ലവണമുണ്ടാകുന്നത് പിന്നീട് ആ ലവണമെങ്ങനെയാണോ അതിൽ തന്നെ വിലയിക്കുന്നത് അതുപോലെ ഉപാധികളിലൂടെ ഈ ജീവഭാവം ഉണ്ടായി ഉപാധികളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അത് നശിക്കുന്നു അതാണ് സിദ്ധാന്തത്തിൽ അപ്പോൾ ഇവിടെ സിദ്ധാന്തത്തിൽ പറയുന്ന അവസ്ഥാന്തര പ്രതിപാദങ്ങൾ അവസ്ഥാന്തര പ്രതിപാദനം എന്ന് പറഞ്ഞാൽ അവസ്ഥാന്തരം എന്ന് പറയുന്നത് മുക്തിയാണ് മുഖ്യമുക്തി അതിനെക്കുറിച്ച് പറയുന്ന അവസരത്തിലാണിത് പറയുന്നത് അത് സിദ്ധാന്തമനുസരിച്ച് പക്ഷേ അവിടെ ക്ക് സംശയമുണ്ടാവുന്നു ഈ ബോധമില്ലാതാവുന്നു ഞാനും നശിച്ചുപോവുകയാണോ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണോ എന്നൊരു സംശയം ഉണ്ടാവും അതാണ് അവസ്ഥാന്തര പ്രതിപാദന അവസരം വിനാശം ആശങ്ക സംശയമുണ്ടാവുന്നു ആർക്ക് മൈത്രി മൈത്രി കേട്ടോണ്ടിരുന്നതാണ് എല്ലാം പിന്നെ ബോധമില്ലെന്ന് പറഞ്ഞാൽ ഞാനും നശിച്ചെന്നല്ലേ ആശങ്കിച്ചിട്ട് അവിടെ വീണ്ടും യാജ്ഞങ്ങൾക്ക് പറയുന്നു അവിനാശി വര വരെ അയമാത്മാ അനുച്ഛിത്തിധർമ്മാശി വരെ ആത്മാവിൽ യാതൊരു വിക്രിയകളും ഉണ്ടാകുന്നില്ല വിനാശത്തിന് നിമിത്തമായ വിക്രിയകൾ ആത്മാവിൽ മരണമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സംഭവിക്കുന്ന ഒരു വികാരം അല്ല ശരീരത്തിന് സംഭവിക്കുന്ന വികാരമാണ് കാരണം അവിനാശിയുമായി അരേ അയം ആത്മാവിനാശി അനുച്ഛിത്തി ധർമ്മ ഉച്ഛിത്തി എന്ന് വെച്ചാൽ നാശം നാശമെന്ന് പറയുന്ന ഒരു ധർമ്മം ആത്മാവിന് ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ നമുക്ക് എടുക്കാം പുനിഷത്തി കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണും നമ്മളെല്ലാ വേദവും പഠിച്ചിട്ടില്ലല്ലോ വേറെ എവിടെയെങ്കിലും കാണും നമ്മൾ പഠിച്ചിടത്തില്ലെന്നേ ഉള്ളു മാത്ര അസംസർഗസ്തുഅസ് അതിന്റെ അർത്ഥമാണ് പ്രയത്യസപ്ഞാസ്തി പറഞ്ഞാൽ എന്താ താല്പര്യം മാത്ര എന്ന് പറഞ്ഞാൽ ആ അതിനെ വ്യാഖ്യാനിക്കുന്നു മാത്ര മരിച്ച ബോധമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാത്ര അസംസർഗം ഈ ഭൂതങ്ങളുമായിട്ടുള്ള സംസർഗം പിന്നെ ഉപാധികളാണ് മാത്ര ഉപാധികളുമായിട്ട് പിന്നെ സംബന്ധം ഇല്ല മാത്ര അസംസർഗ് അസ്യഭവതി അസ്യ എന്ന് പറഞ്ഞാൽ ആത്മനാ ഇതാണ് പറഞ്ഞതിന്റെ താല്പര്യം ഇതിന് മുമ്പ് പറഞ്ഞതിന്റെ അരായും ആത്മാഅനിശ്ചിത്യ ധർമ്മ അതിന്റെ വ്യാഖ്യാനം എഴുതിയത് പോലെ അങ്ങനെ എഴുതിയതാകാം പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ശ്രുതിയായിട്ടാണ് ഗ്രന്ഥകാരം പറഞ്ഞിരിക്കുന്നത് ശ്രുതിയായിട്ടാണോ പറഞ്ഞാലോ അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ ചിഹ്നങ്ങൾ അല്ല ഇവിടെ ഇപ്പൊ ചേർത്ത് പറഞ്ഞിരിക്കുന്ന സർഗാസ്വസ്യഭവതി ശ്രുതി പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് വരുന്നതിൽ നിന്നും മനസ്സിലാക്കാം തുടർന്ന് വരുന്ന ഭാഗത്തു നിന്ന് ഇത് മനസ്സിലാക്കാം അടുത്ത് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല അടുത്ത് വരുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ട് യദ്വൈ തന്ന് പശ്യതി പശ്യന്വയ് തന്ന പശ്യതി നഹി ദ്രഷ്ടുഹ ദൃഷ്ട വിപരിലോ വിദ്യതെ അവിനാശിത്വ ഇതിവം അവിനാശിത ഉപപാദനാദ് പറഞ്ഞിരിക്കുന്നു ഇപ്രകാരം അവിനാശിത്വത്തെ ഉപപാദനം ചെയ്തിരിക്കുന്നു എവിടെ ശ്രുതി ശ്രുതിയില്ല അപ്പൊ ഇതുവരെ ഉള്ള ശ്രുതിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ശ്രുതിയാണ് ഇതേത് ശ്രുതി എന്നുള്ള പ്രശ്നമാണ് കാരണം നമ്മുടെ കയ്യിൽ ഉള്ള ശ്രുതിയിൽ മാത്രം അസുസർഗസ്വസി ഭവതി യദ്വെന്ന പശ്യ പശ്യന്വ ഇത് എന്ന പശ്യ നൃഷ്ട ദൃഷ്ട വിവരിലോ വിദ്യ ഇങ്ങനെ ഒരു ശ്രുതിയില്ല ഉണ്ടോ ആരെങ്കിലും കണ്ടോ അങ്ങനെ ഒരു ശ്രുതി നമ്മള് കാണുന്നില്ല നമ്മൾ പഠിച്ച ശ്രുതി കണ്ടിരിക്കാം ഇങ്ങനെ ഒരു ശ്രുതിയില്ല അപ്പൊ ഈ ഗ്രന്ഥകാരം പറയുന്ന അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കണം എത്തിയവം എന്നിങ്ങനെ അവിനാശിത ഉപാദന എന്ന് പറഞ്ഞാൽ ശ്രുതിയ എന്നാണ് ശ്രുതിദ്വാര അവിനാശിത്വത്തെ ം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഇവിടെ അവസാനം ആശ്രയ ആസിദ്ധം വിധി സിദ്ധം അവസാനമാണ് ഇങ്ങനെ അവന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടും എന്താണ് ജ്ഞാനത്തിൻ്റെ ദൃഷ്ടുഹു ദൃഷ്ടെ ദൃഷ്ടാവിലെ ദൃഷ്ടിക്ക് നാശം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടും എന്ന് പറഞ്ഞിരിക്കുക അപ്പോ ഈ ഗ്രന്ഥ അനുസരിച്ച് അവിനാശി വാരയായ അവിടുത്തെ ഇൻവെർട്ടഡ് കോമയൊക്കെ പോട്ടെ വാക്യം മാത്രം നോക്കിയാൽ ഇൻവെർട്ടഡ് കോമ പിൻകാലത്തിട്ടതെന്ന് പറയാം അവിനാശി വാരയായ മാത്മാനിശ്ചിതധർമ്മ മാത്രം അസംസ്കർഗീ എന്തെ തന്ന പശിതി എന്ന് പറഞ്ഞ് അവിനാശിത്വാ ഇതി വരെ ഉള്ളത് ഗ്രന്ഥം അനുസരിച്ച് എന്താണ് ശ്രുതി ശ്രുതിയാണ് സാധാരണമായിരിക്കും ഇത്യവും അവിനാശിത്വം അവിനാശിത ഇത്യവെന്ന് പറയുമ്പോൾ അതുവരെ ഉള്ളത് എന്താണ് ശ്രുതി ശ്രുതിയായാലേ പെട്ടി പിന്നെ ഇത്യവെന്ന് പറയും പക്ഷെ ഇങ്ങനെ ഒരു ശ്രുതി ഇല്ല ും ഭാഷ്യകാരാഷ്യത്തിലും ഭാഷ്യകാരന്റെ ഭാഷ മാത്രം അസംസ്കൃതാസ്യ ബോധ്യുന്നുണ്ട് ഭാഷ ഭാഷ എവിടെയാണെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല പക്ഷെ ഭാഷവിടെ പറയുന്നുണ്ട് അങ്ങനെ വായിച്ച ഓർമ്മയാണ് ഇത് ഏവം അവിനാശിത ഉപാദന എന്ന് പറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്തെഴുതിയിരിക്കുന്നു നോക്കും ജ്യോതിർബ്രാഹ്മണേ ചാഗരാദ്യവസ്ഥ ഉപന്യാസപുരസ്സരം അഥ എത്രപ്തോന കാമം കാമേന സ്വപ്നം പശ്യ ഇരി സമ്പ്രസാദാവസ്ഥാനമവതൃദ്വൈതന്ന പശ്യതി പശ്യന് വൈതന്നശിരി നി ദൃഷ്ടു ദൃഷ്ടേ വിപരിലോകോ വിദ്യത്തെ നേരത്തെ എന്തു ചെയ്തു തന്ന വശ്യതിന്തു ചെയ്ത വശ്യതി എന്നും പറഞ്ഞാൽ എന്താ വ്യത്യാസം ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ നേരത്തെ പറഞ്ഞത് എന്താണ് മൈത്രി ബ്രാഹ്മണി എന്ന് പറഞ്ഞു തുടങ്ങിയ ശ്രുതിയാണ് നേരി ഇപ്പൊ പറയുന്നത് എന്താണ് ജ്യോതിബ്രാഹ്മണേച്ചു പറഞ്ഞാൽ ഇവിടെ ഗ്രന്ഥകളത്താവും മൈത്രേ ബ്രാഹ്മണത്തെയും ജ്യോതിർ ബ്രാഹ്മണത്തെയും രണ്ടായിട്ടാണ് കാണുന്നത് ഇതെല്ലാം കൂടെ ഒറ്റ ബ്രാഹ്മണമായി കണ്ടിരുന്നെങ്കിൽ ജ്യോതിബ്രാഹ്മണി മൈത്രി ബ്രാഹ്മണിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ജ്യോതിബ്രാഹ്മണെന്ന് പറയേണ്ട കാര്യമില്ല അതുപോലെ ജ്യോതിബ്രാഹ്മണിയെ ചാന്ന് പറഞ്ഞു ജ്യോതിബ്രാഹ്മണം വേറെയാണ് അതാ വേറെയാണല്ലോ കാരണം അവിടെയാണ് ജ്യോതിയെ കുറിച്ച് അർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ജ്യോതിബ്രാഹ്മണമെന്ന് പേര് വരാൻ കാരണം പുരുഷ സ്വയം ജ്യോതി എന്ന് പറഞ്ഞത് മൈത്രി ബ്രാഹ്മണമെന്ന് പേര് വരാൻ കാരണം എന്താണ് ആ അത് ജനകമൈത്രി അപ്പൊ ഇത് രണ്ട് രണ്ട് ബ്രാഹ്മണാണ് അപ്പോ ഇവിടെ ഇതിനെല്ലാം കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റില്ല ചുരുക്കം രണ്ടും മുതല് നാലവസാനം വരെ ഒന്നായിട്ട് എടുക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ഗ്രന്ഥകർത്താവ് പറഞ്ഞ അനുസരിച്ച് അത് രണ്ടാണ് ഒരു കാര്യം ജ്യോതി മൈത്രേ ബ്രാഹ്മണത്തിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ ജ്യോതിബ്രാഹ്മണി ചകാരം എന്തിനാ ഉപയോഗിക്കുന്നത് സംശയിക്കാൻ പറ്റും ഒന്ന് മാത്രമാണെങ്കിൽ സംശയിക്കാൻ പറ്റൂ സംശയിക്കണമെങ്കിൽ എന്ത് വേണം ഒന്നിക്കൂടുതലും രണ്ട് ബ്രാഹ്മണങ്ങളെ സംശയിച്ചിരിക്കും അവിടെ ജ്യോതി ബ്രാഹ്മണത്തിന് വീണ്ടും അതേ മന്ത്രത്തെ തന്നെ പറഞ്ഞു എന്താണോ യദ്വൈ തന്ന പശ്ശേരി പശ്യന്വയി തന്ന പശരി എന്ന് പറഞ്ഞു ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന പശ്യതി എന്ന് പറയുന്നത് ജ്യോതിബ്രാഹ്മണത്തിലെ ആണെങ്കിൽ പിന്നെ ജ്യോതിബ്രാഹ്മണയെച്ചാ എന്ന് പറഞ്ഞത് പറയാൻ പറ്റുമോ ഇല്ല മനസിലാകുന്നുണ്ടോ അത് മനസ്സിലായി അപ്പൊ ദൃഷ്ടർ വിപണി ലോകവും അതും മൈത്രേ ബ്രാഹ്മണത്തിലാണ് ഇദ്ദേഹം ആദ്യം ഉൾപ്പെടുത്തിയത് അത് രണ്ടും മൈത്രേ ബ്രാഹ്മണത്തിലാണ് അത് മൈത്രേ ബ്രാഹ്മണത്തിലാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏത് ദ്രഷ്ടവും ദൃഷ്ടിയും വിവരമില്ല പക്ഷെ മൈത്രേയ ബ്രാഹ്മണത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല ഇല്ല അങ്ങനൊരു സാധനം അവിടെ കാണാനേ ഇല്ല നമ്മൾ പഠിക്കുന്നേനില്ല ഇവിടെ രണ്ടിലും മൈത്രേ ബ്രാഹ്മണത്തിലും പറഞ്ഞു ജ്യോതിർബ്രാഹ്മണത്തിലും പറഞ്ഞു ഈ സാധനം കിടക്കുന്ന ഇവിടെ ജ്യോതിർബ്രാഹ്മണത്തിലാണ് അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥമൊക്കെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ മറ്റോ എഴുതിയാണ് യ് അന്ന് വേദം ചൊല്ലിയിരുന്നപ്പോ ഇതെല്ലാവരും പക്ഷെ അവിടെ ഉണ്ടായിരുന്നിരിക്കുന്നു അന്ന് ചൊല്ലിയവര് അവിടെ നിർത്താതെ മാത്രം ആ സംസൃഗ അസ്യബോധി അദ്വൈതം എന്ന വശ്യതി എന്ന് ചേർത്ത് ചൊല്ലിയിരിക്കണം അങ്ങനെയാകാനാണ് സാധ്യത എന്നുവെച്ചാൽ ശ്രുതിക്ക് പല പാഠങ്ങളുണ്ടായിരുന്നത് അങ്ങനെയൊരു പാഠം ഉണ്ടായിരുന്നു കഴിഞ്ഞു അതുകൊണ്ട് അങ്ങനെ വന്നു ഇന്നത്തെ ശ്രുതിയില് അങ്ങനെ ഒരു പാഠം ഇല്ല എന്നൊരു സമാധാനം പറഞ്ഞാൽ ശരിയാകത്തില്ല എന്തുകൊണ്ട് ഭാഷ്യകാരന് ശേഷമാണ് ഇദ്ദേഹം ഈ പുസ്തകമൊഴിയത് ഇപ്പൊ കാലഘട്ടത്തിൽ ശ്രുതി എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കുറച്ചു കാലം കഴിയുമ്പോ എങ്ങനെയാ മാറ്റം വരുന്നത് അതെ കൂടുതലായിരിക്കുന്നു നഷ്ടപ്പെട്ടതും അല്ല അപ്പൊ ഇതെല്ലാം പ്രത്യേക ശാഖകളാണ് മാറ്റം എങ്ങനെ വന്നു എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പിന്നെ ആകെ ഉള്ളൂ ഭാഷകാരൻ എടുത്തത് ഒരു ശാഖ ഇദ്ദേഹം എടുത്തത് വേറൊരു ശാഖ പിന്നെ അതേത് ശാഖ ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ ആ ശാഖയിൽ വേറെ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരും ഭാഷകാരൻ മറ്റൊരു ശാഖയിൽ വേറൊരു പാഠമുണ്ടെങ്കിൽ അതും കൂടി പറയാറ് അങ്ങനെയുണ്ടെങ്കിൽ അല്ല ബൃഹധാരുണ്യത്തിന് വേറെയുണ്ട് അത് പറയും വാചന സംഹിത അവിടെ ഈ ബൃഹധാരുണ്യത്തിന്റെ മന്ത്രങ്ങൾ വരുന്നുണ്ട് അപ്പതനുസരിച്ചും ഭാഷ ആ അങ്ങനെ ചില മന്ത്രങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഭാഷ്യകാരെ സൂചിപ്പിച്ചിട്ടില്ല ഇനി അതിലുണ്ടോ എന്നുള്ളത് നോക്കണം വാചന സംഹിത ഞാൻ നോക്കിയിട്ടില്ല അത് എടുത്ത് അത് കിന്നു കിട്ടുന്നതാണ് എടുത്ത് അവിടെ ഉണ്ടോ ഭാഷകാരൻ അത് കോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ അവിടെ ഉണ്ടെന്ന് തന്നെ നോക്കിയിട്ടെ പക്ഷെ ഭാഷ്യകാരൻ ഭാഷ്യം ഇവർ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യം വരും ഈ ഗ്രന്ഥകാരൻ ഭാഷകാരൻ ഏതിനാണോ ഭാഷ എഴുതിയത് അതിനെന്തായാലും ഇല്ലല്ലോ ആ ഭാഷയത്തിനനുസരിച്ചല്ലേ ഇവിടെ ചർച്ച പോകേണ്ടത് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഭാഷകാരൻ ഭാഷ എഴുതി കൊടുത്തതൊന്നുമില്ല ഇപ്പൊ ഭാഷകാരൻ ഭാഷ എഴുതാത്ത ഒന്നിനെ അവരെന്തിനും ഇവിടെ കൊണ്ടുവന്നു ഭാഷത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോ എന്തിനും കൊണ്ടുവന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ വീണ്ടും പ്രയാസപ്പെടും പിന്നെ ഒരേ ഒരു വഴിയുള്ളു എന്താണ് ഇതെന്തു കാരൻ തന്റെ ഓർമ്മയിൽ നിന്ന് പ്രമാദം കൊണ്ട് എഴുതി ഇതെല്ലാവരും വഴിയൊന്നുമില്ല ഭാഷികവും ഇതുമായിട്ട് ഒത്തുപോകാൻ വരെ വഴിയില്ല ഓർമ്മയിൽ നിന്ന് എഴുതി വെച്ചു അദ്ദേഹം വിചാരിച്ചു ഇരിക്കും അല്ലെങ്കിൽ ഭാഷയുമായിട്ട് യോഗിക്കുക അല്ലാതെ പ്രശ്നം ഇങ്ങനെ ഒരു പാഠം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഉണ്ടായിരിക്കാം നമുക്കറിയത്തില്ല പക്ഷെ ഭാഷയുമായി ഒത്തുപോകുന്നില്ല എന്നുള്ളൊരു ഗൗരവമായ പ്രശ്നമുണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് ഭാഷയ പരമ്പരയിൽ വരുന്നവർക്കാർക്കും ഭാഷത്തിനെ ഭാഷ വ്യത്യലിച്ച് എഴുതാനുള്ള സ്വാതന്ത്ര്യം അത് പറ്റില്ലല്ലോ ഭാഷകാരൻ ഒരു പുനഷത്തിനെടുത്ത് വ്യാഖ്യാനിച്ചു അതെല്ലാം പെർഫെക്റ്റ് ആക്കിയിരിക്കുകയാണ് അതേ പരമ്പര വരുന്ന ആചാര്യൻ അതിനെ മാറ്റി എഴുതാമെന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കണം അവിടെ അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് പറയണം ഭാഷകാരൻ ഇങ്ങനെ ഒരു ഇവിടെ പറഞ്ഞിട്ടില്ല ഞാനത് കൂടുതലായി പറയുകയാണ് ഇന്ന് പറയാനുള്ള ബാധ്യതയുള്ളു അത്രയും കാരണം ഭാഷനെ അതിപ്പോ മധുസുന സരസ്ഥിതി ഒക്കെ ഭാഷ്യത്തെ ഖണ്ഡിക്കുമ്പം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാം എന്നു പറയും സരസ്വതിയുടെ സ്ഥിരം പണിയാണ് ഭാഷകാരനെ ഖണ്ഡിക്കുക പക്ഷെ അത് പറയും ഇങ്ങനെയാണോ അങ്ങനെ പറയാം ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഭാഷകാരനോട് യോജിക്കണമെന്നൊന്നുമില്ല നീലകണ്ഠാചാര്യര് ശ്രീധരാചാര്യര് മസൂന സരസ്വതി ഇവരെല്ലാം ഭാഷകാരനെ ഖണ്ഡിക്കുന്നവരാണ് അപ്പോൾ ഒരാളല്ല ഇവരെല്ലാം അദ്വൈത പാരമ്പര്യപ്പെട്ടവരുമാണ് അപ്പോൾ അവരെല്ലാം പക്ഷെ അത് അവിടെ സൂചിപ്പിക്കുക ഇങ്ങനെ ചെയ്യും ഇങ്ങനെയാണ് ഞങ്ങടെ ഇതിനിങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഭാഷകാരൻ അങ്ങനെയാണ് വ്യാഖ്യാനം ഇത് ഞങ്ങളുടെ വ്യാഖ്യാനം അങ്ങനെ പറയും അങ്ങനെ പറയാം പക്ഷെ ഇത് ഒരു ശ്രുതിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാര് ഭാഷകാരന് ശേഷം വന്ന പണ്ഡിതന്മാര് ഇവര് എവിടെയൊക്കെയോ ഭാഷകാരനെ മിസ് ചെയ്യുന്നു ഇന്നത്തെ ഭാഷ അതാണ് നമ്മൾ അദ്വൈതത്തില് രണ്ടായി കാണേണ്ടി വരുന്നത് മനസ്സിലായോ അതെ ഇതൊക്കെയാണ് അതിന്റെ തെളിവ് ജീവിതത്തിൽ സ്വന്തമായൊരു പ്രക്രിയ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതിലും വ്യക്തമായ തെളിവിനി വരും ഇതുമൊക്കെ അതിനൊരു തെളിവാണ് അവർ ആ പരമ്പരയിലാണെങ്കിൽ പിന്നെ മോശം അനുസരിച്ച സ്തുതിയൊക്കെ ധൈര്യമായിട്ട് തന്നെ കണ്ണിക്കുന്നത് പക്ഷേ ധാരങ്ങനെ പറഞ്ഞു ആദ്യം ഭയങ്കര സ്തുതിയൊക്കെയാണ് ഭയങ്കരമായിട്ടങ്ങ് പൊക്കും അവസാനം കണ്ടിക്കേണ്ട സ്ഥലം വരുമ്പോൾ കണ്ടിക്കുകയും ചെയ്യും അത് മത്സ്യനുസര സ്ഥിതി ഒക്കെ അങ്ങനെയാണ് വായിച്ച മനുഷ്യനു സൂത്രത്തി കണ്ടിക്കും പാഷികാരൻ പറഞ്ഞത് വായിച്ചു മനസ്സിലാകാത്ത രീതിയിൽ വേറെ അർത്ഥം പറയും മനസ്സിലായിട്ടാണ് നമുക്കൊന്നും അത് മനസ്സിലായിട്ടില്ല അത് വേറൊരു സൈസ് അപ്പോ രും ഇതിങ്ങനെ ഒരു പരമ്പര സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാലും ആരും മുഖവച്ച് ആരും തയ്യാറല്ല അംഗീകരിച്ചു പൂർണ്ണമായിട്ടും ആരും തയ്യാറില്ല ഈ പറയുന്ന ആചാര്യന്മാരാരും തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ പല പ്രക്രിയകളും അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം സാറിന് മനുഷ്യർക്ക് ഒരുപാട് അന്ധതയുണ്ട് ഭാഷകാരം പറഞ്ഞിരിക്കുന്ന ആണ് അപ്പം ഇതൊക്കെ ഒരു പരമ്പരയാണ് ഒരു പരമ്പരയൊന്നുമല്ല അദ്വൈത പരമ്പര എന്ന് പറയുന്നത് ഭാഷകാരനോടുകൂടി തീർന്നു അതാണ് എന്റെ വാസം പിന്നെ വന്നതൊക്കെ എന്താണ് വിദ്യാരണ്യ പരമ്പര മോസുവന സരസ്വതി പരമ്പര നീലകണ്ഠ പരമ്പര ശ്രീധരാചാരി പരമ്പര ഇങ്ങനെയുള്ള പരമ്പരകളാണ് പിന്നീട് വന്നത് അത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് വാമതി പ്രസ്ഥാനം വാർത്തക പ്രസ്ഥാനം പഞ്ചപാതിക പ്രസ്ഥാനം എന്നൊക്കെ അതുകൊണ്ടാണ് മനസിലാക്കണമെങ്കിൽ കരളുറപ്പ് മാത്രം പോര പിന്നെയോ പാലയ്ക്കൂടെ ഉറപ്പ് വേണം ബ്രെയിനിനൂടെ കുറച്ച് ഉറപ്പ് വേണം അല്ലെങ്കിൽ പെട്ടതിവിടെ എ തന്നെ പശ്യതി പശ്യന്മയിൽ തന്നെ പശ്യതി ഇത് ശരിക്കും പറയുന്നത് ജ്യോതിബ്രാഹ്മണത്തിൽ ശരിക്കും സുഷുപ്തിയെക്കുറിച്ചുള്ള ചർച്ചയാണ് അത് അംഗീകരിക്കുന്നുണ്ട് സുഷിതി അത് അംഗീകരിച്ചേ പറ്റൂ കാരണം വ്യക്തമായും അവിടെ ജാഗ്രത്ത് സ്വപ്നം എല്ലാം ചർച്ച ചെയ്തിട്ട് വളരെ നമ്മൾ ഒരുപാട് ദീർഘമായും ചർച്ച ചെയ്ത സുഷിതിയിലാണ് പറയുന്നത് ഒന്നും കാണുന്നില്ല ആര് സമ്പ്രസാദൻ എന്ന് പറഞ്ഞാൽ എന്ത് കാണുന്നില്ല പശ്ചിന്മയ് എന്നാ പിന്നെ ആളിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ ഇല്ല പശ്യന്മയ് അവനെന്താണ് വേഷ സർവജ്ഞ സർവീശ്വര എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സമ്പ്രസാദനെക്കുറിച്ചാണ് സർവേശ്വരനായി തന്നെ എല്ലാത്തിലും ഇരുന്നു കൊണ്ട് സംപ്രസാദൻ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പശ്യന്മയിൽ എല്ലാം അറിയുന്നുണ്ടെങ്കിലും തന്ന പശ്യതി വിശേഷ വിജ്ഞാനം ഇല്ല അവിടെയാണ് പറയുന്ന നഹി ദ്രഷ്ടുഹു ദൃഷ്ടി ഹെ സിദ്ധാന്തമനുസരിച്ച് നേരത്തെ വ്യാഖ്യാതാവ് പലതരത്തിൽ വ്യാഖ്യാനിച്ചെങ്കിലും എൻ്റെ നേരർത്ഥം എങ്ങനെ എങ്ങനെയാണ് ദ്രഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി വ്യാഖ്യാതവും പറയുന്നതിന്റെ താഴെ അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്ന ഇതാണ് വ്യാഖ്യാതവ് പലതരത്തിൽ വ്യാഖ്യാനിച്ചല്ലോ അതുകൊണ്ട് പറയും എന്റെ അർത്ഥം എന്താണ് ദ്രഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്നതെന്നും വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ കുട്ടി പറഞ്ഞതുപോലെയും പറയാമെന്ന് പറയും പലതരത്തിലും കഴിക്കാനിക്കുക അർത്ഥം ഇത് തന്നെയാണ് ദഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ ദൃഷ്ടയ്ക്ക് വിപരലോ നവിദ്യതേ നാശം മാറ്റാൻ സംഭവിക്കുന്നില്ല അവിനാശിത്വ ഇത്യവം അവിനാശിത്വ ഉപപാദന ഏതിനോട് അന്വേഷിക്കണം പോയാ ഞാൻ പറഞ്ഞിട്ടാ ചോദിക്കുന്നത് അതിനിടയ്ക്ക് അല്പം ചില കാര്യങ്ങളൂടെ പറഞ്ഞു ജ്യോതിബ്രാഹ്മണേ എന്നിവിടെ പറഞ്ഞതുപോലെ അവിടെ എന്ത് പറഞ്ഞു മൈത്രൈ ബ്രാഹ്മണേ അവിടെ നീതുവരെയാണ് വണ്ടിക്കാള പോകുന്ന പോലെ പോവുകയാണ് ഇവിടെ നിൽക്കുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് മൈത്രയി ബ്രാഹ്മണേനാ ഉപക്രഉ ഉപ ഈ ഒരു അതിന്റെ ഉപസംഹാരത്തെ കുറിച്ചൂടെ അടുത്ത് പറയുന്നത് അവിടെ ജീവനെ കുറിച്ച് ഉപക്രമിച്ചിട്ട് പരമാത്മാവിൽ അവസാനിപ്പിക്കുന്നതാണ് വരികളെ കുറിച്ചല്ല പറയുന്നത് അർത്ഥം തെയാണ് പറയുന്നത് ജീവനെ ിയ സംസൂചിതം ജീവം ഉപക്രമ്യ പറയുന്ന എന്താണോ എത്തിച്ചേരുന്നത് അവിടെ പരമാത്മാവിൽ എന്നാണ് അത് മൊത്തം വരുമ്പോഴ ആശയം കിട്ടും ഇവിടെ മാത്രം കിട്ടും ഉപപാദനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരും എന്താണോ ഉപസംഹാരവും ഉപസംഹാരവും വരും അവിടെ ജീവനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നില്ലേ ആ ജ്ഞാനം ദ്രഷ്ടാവിന്റെ സ്വരൂപമാണോ അവിടുത്തെ ദൃഷ്ടാവ് സംപ്രസാദൻ സമ്പ്രസാദനാരാണ് പരമാരമാ അങ്ങനെയൊക്കെ അർത്ഥം അത് മൊത്തം വരുമ്പം കിട്ടും ബാക്കിയുടെ കാരണം ഇതിപ്പോ ബ്രാഹ്മണൻ ആയല്ലോ ഇനി ജ്യോതിബ്രാഹ്മണൻ കൂടെ വരണം അവിടെ കൂടെ കിട്ടും അതിപ്പോ രണ്ടും ഒന്നായിട്ട് എടുക്കാമോന്നുള്ള ചോദ്യമല്ലേ ഇപ്പൊ സ്വാമി ചർച്ച ചെയ്യണം ജ്യോതിബ്രാഹ്മണത്തെയും മൈത്രി ബ്രാഹ്മണത്തെയും ഒരേ പ്രകടനമായി എടുത്ത് ചെയ്യാമോന്നുള്ളതാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ഇതാണ് പശ്യന്മയി പശ്യതി എന്ന് പറയുന്ന ഈ മന്ത്രം നമ്മൾ പഠിക്കുന്നത് ജ്യോതിർ ബ്രാഹ്മണത്തിലാണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഗ്രന്ഥകാരം പറഞ്ഞിരിക്കുന്നത് മൈത്രേ ബ്രാഹ്മണത്തിന്റേതായിട്ട് അതെങ്ങനെ വന്നു എന്നുള്ളു അത് രണ്ടാമത്തെ ജ്യോതി ബ്രാഹ്മ ബ്രാഹ്മണത്തെയും കൂടി ഇതിന്റെ കൂടെ എടുത്തിട്ട് ഇത് അതിന്റെ ഉള്ളിൽ വന്നതാണ് എന്ന് പറയുക എന്നല്ലോ അതാണ് ഇപ്പൊ പരിശോധിക്കുന്നത് അത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇത് വന്നിരിക്കുന്നത് ജ്യോതിർബ്രാഹ്മണത്തിലാണ് മറ്റത് മൈത്രി ബ്രാഹ്മണത്തി വന്നിട്ടില്ല ഇവിടെ ഷാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ബ്രാഹ്മണങ്ങളെയും പ്രത്യേകം എടുത്തു അല്ല മൊത്തം ഈ ജ്യോതിബ്രാഹ്മണം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ആദ്യം മൂലം അവസാനം വരെ മൈത്രി ബ്രാഹ്മണമാണോ അപ്പൊ എന്ന് പറഞ്ഞാലും പ്രയാസമാണ് കാരണം പിന്നെ ഇത് ആവർത്തിച്ച എന്തിന് അപ്പൊ അതിലില്ലേ അതിലില്ല അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതൊരു ബ്രാഹ്മണമായിട്ട് എടുത്താൽ ഈ മന്ത്രത്തിന് എന്തിനും രണ്ടുപണി ആവർത്തിച്ചു ഒരു ഗുണ പറഞ്ഞാൽ പോരെ ഒറ്റപ്രകരണമാണെങ്കിൽ കാരണം നമ്മൾ പഠിക്കുന്ന ശ്രുതിയിൽ ഈ മന്ത്രം ഒരു പണേ വന്നിട്ടുള്ളൂ പിന്നെ ഇതിന്റെ രണ്ടുപണി എന്തിനെടുത്തു പറഞ്ഞു വീണ്ടും ഇതേ മന്ത്രം പറയുകയാണ് ഈ പറഞ്ഞതുപോലെ ആദ്യം പോലെ അവസാനം വരെ ഒറ്റപ്രകരണമാണെങ്കിൽ ആദ്യം ഇത് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ പറയേണ്ട ആവശ്യമല്ലോ ജ്യോതിബ്രാഹ്മണി എന്ന് പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ പറയാം ആദ്യം അവസാനം ജ്യോതിബ്രാഹ്മണം അല്ല മൈത്രി ബ്രാഹ്മണം മൈത്രി ബ്രാഹ്മണ ഇടയ്ക്ക് വന്നത് എന്താണ് അതുകൊണ്ട് നിന്റെ രണ്ടിനും രണ്ടാം കൂടെ ചേർത്ത് ഒരു പ്രകടനമായിട്ടെടുത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ മീമാംസയിലൊരു ന്യായമുണ്ട് അങ്ങനെ എടുക്കാമെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മന്ത്രത്തെ വീണ്ടും ആവർത്തിച്ചത് എന്തിന് ഒരിടത്തല്ലേ ഉള്ളു വീണ്ടും പ്രശ്നം അതുകൊണ്ട് ചിന്തിക്കാമെന്നുള്ളവർ കൂടുതൽ ചിന്തിച്ച് നോക്കുക എൻ്റെ ബുദ്ധിയിൽ ഇത്രയേ ഉള്ളൂ